എന്താണ് അനുഭവപ്പെടുന്നത് കൊണ്ട് എന്തായനുസരിച്ച് സത്യമാണ് സത്കാരികവാദം എന്ന് പറയും ഇപ്പൊ ഭ്രാന്തിയില്ല എന്തൊക്കെ അനുഭവപ്പെടുന്നു അതല്ല സത്യം തന്നെ സത്യം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അനുഭവപ്പെടും നിസാഹാരണ ആൾക്കാർ പറയുന്നവരാണ് നിങ്ങള് ഭൂതത്തെ കണ്ടു എന്ന് പറയുന്നത് സത്യമാണ് അത് സത്യമാണെന്നുള്ള അതെന്റെ അനുഭവമല്ലേ ഞാൻ കണ്ടതല്ലേ എന്നുവെച്ചയാൾ പറയുന്ന എന്താണ് എൻ്റെ അനുഭവമാണെങ്കിലും അത് സത്യമായിരിക്കും എന്നുള്ളത് ഭൂതം ഒരു വിഭ്രാന്തി ആയിക്കൂടെ അന്വേഷിച്ചു അംഗീകരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടതാണൊരു സത്യമാണ് അതുപോലെ അതൊന്ന് പ്രപഞ്ചം അനുഭവപ്പെടുന്നതാണതുകൊണ്ട് അത് സത്യമാണ് സാറിന് മനുഷ്യരെല്ലാം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് സത്കാര്യവാദികളാണ് സത്ഖ്യാത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞി പ്രകാശമാനതാ മാത്രം സത്യം അനുഭവപ്പെടുന്നു അതിനെ നിഷേധിക്കുകയാണ് സത്കാര്യവാദിത്വം നിഷേധിക്കുകയാണ് അതുകൊണ്ട് മാത്രം സത്യം എന്ന് പറയാൻ കഴിയത്തില്ല അങ്ങനെ ദേഹേന്ദ്രിയ ദേഹി പ്രകാശമാനതയാ സദ്ഭവോ ഭവ് അങ്ങനെ അംഗീകരിച്ചാൽ ദേഹം ഇന്ദ്രിയം തുണിയ കാര്യങ്ങൾ അനുഭവപ്പെടുന്നു അതുകൊണ്ട് സത്വം എന്ന് പറയാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് നഹി സർപ്പാദി ഭാവിന് രുജ്വാദയോ വടയോ വ രക്താധിഗുണയോഗ്രതിഭാസന്റെ നഹി ന രണ്ട് നഞ്ഞാണ് രണ്ട് നിഷേധമാണ് രണ്ടും നിഷേധം വന്നു കഴിഞ്ഞാൽ ആ നിഷേധത്തെ അങ്ങ് മാറ്റണം മാറ്റുമ്പോഴായിരിക്കും എന്റെ അർത്ഥം വരുന്നത് രണ്ടിനെ അങ്ങ് മാറ്റാം സർപ്പാദിഭാവേനെ രജ്വാതയോ സർപ്പാതിരൂപത്തിൽ രജ്വാദികളും വ രക്താദി ചുവന്നു തുടങ്ങിയ ധർമ്മത്തോടു കൂടി സ്ഫടികവും പ്രതിഭാസന്ധ്യോ അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്നാണ് അഹിനാ അങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയുമോ എന്നാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് രജ്ജു സർപ്പരൂപത്തിൽ അനുഭവപ്പെടുന്നുൻ ചോന്ന അനുഭവപ്പെടുന്നു അതുകൊണ്ട് എന്താണ് അത് സത്യമാണോ സത്യമാകത്തില്ലല്ലോ എന്നാണ് പ്രതിഭാസമാനാ വൗന്തി തഥാത്മാനവ തദ്ധർമാണോ വെ അനുഭവപ്പെടുന്ന ആ വസ്തുക്കൾ പിന്നെ പൂർവത്തിലെ നായോട് അന്വയിക്കുകയാണെങ്കിൽ തദാത്മാനഹ ന ഭവന്തി അങ്ങനെ അനുഭവപ്പെടുന്നത് എന്താണ് കയറ് സർപ്പമാവുമോ തദ്ധർമാണോ വടികൻ ചുവപ്പാകുമോ ഇല്ലല്ലോ അങ്ങനെ ആകുന്നില്ല എന്നാണ് നമുക്ക് സർപ്പം കാണുന്നു അതുകൊണ്ട് കയറ് സർപ്പമായി എന്ന് കരുതാൻ പറ്റും പഠിക്കുകയും തോന്നുന്നു എന്ന് പറയാൻ കഴിയത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുകയാണ് സർപ്പം സത്യമാണ് വെളുത്തസ്പടികം ചോദിച്ചതാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിലെ മരീചിക എന്നു വെള്ളം കുടിച്ച ഒരാളുടെ ദാഹം മാറണം എന്തുകൊണ്ട് മരുമരീചികയുടെ വെള്ളം കുടിച്ചൊരാളുടെ ദാഹം മാറുന്നില്ല അനുഭവിക്കുന്നതൊക്കെ സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖ്യാതിവാദി പറയുമ്പോൾ മരുഭൂമിയുടെ ജലം കുടിച്ചിട്ട് ഒരാളുടെ ദാഹം മാറേണ്ടതാണ് അങ്ങനെ മാറുന്നില്ല അതുകൊണ്ട് ഒരു കാര്യത്തെ അറിയുന്നു അതുകൊണ്ട് സത്യമാണെന്ന് പറയാൻ പറ്റും അത് ഒരു വ്യക്തിയുടെ അനുഭവമായാലും ശരി സമൂഹത്തിന്റെ എല്ലാവരുടെ അനുഭവമായാലും ശരി എന്റെ അനുഭവമാണ് അതുകൊണ്ട് സത്യം എന്ന് പറയാൻ പറ്റില്ല എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരുടെയും അനുഭവമാണ് ഭൂമി ഇങ്ങനെ പപ്പടം പോവാൻ പരന്നു കിടക്കുന്നു എവിടെ ചെന്ന് പോയാലും പരന്നു കിടക്കണം എല്ലാ മനുഷ്യരുടെയും അനുഭവം ആകായത് കൊണ്ടാണ് ഒരു കാലത്ത് മനുഷ്യൻ വിചാരിച്ചിരുന്നും ഭൂമി പരന്നാണ് കിടക്കുന്നത് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെ അനുഭവം ഇങ്ങനെ അതുപോലെ തന്നെ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെ അനുഭവമാണ് സൂര്യൻ രാവിലെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എല്ലാരുടെയും അനുഭവമാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരു കാലത്ത് ജ്യോതിശാസ്ത്രത്തെ കുറിച്ചൊക്കെ അറിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ച് എന്താണോ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറോ അസ്തമി എല്ലാവർക്കും അനുഭവം ഉള്ളത് കൊണ്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒരാളിന്റെ അനുഭവമാണെങ്കിൽ ശരി എല്ലാവർക്കും അനുഭവുള്ളതുകൊണ്ട് നമുക്കെങ്ങനെയാണ് കള്ളമെന്ന് പറയുന്നു അസത്യം എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയേണ്ടി ലോകത്തുള്ള സകല മനുഷ്യനും അനുഭവിച്ചാലും ശരി അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അതിന് സത്യം എന്ന് പറയാൻ പറ്റില്ല കാരണം അസത്യ അനുഭവങ്ങളും മനുഷ്യന് ഒരുപാടുണ്ട് അതുകൊണ്ട് എന്റെ അനുഭവം അല്ല ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്റെ അനുഭവമായാലും ശരി സമൂഹത്തിൽ മൊത്തം ആൾക്കാരുടെ അനുഭവമായാലും ശരി അതുകൊണ്ട് മാത്രം അത് പിന്നെ സത്യം ഒന്നെങ്ങനെ തീരുമാനിക്കും അത് പരീക്ഷണക്ഷമമായിരിക്കും അത് പരീക്ഷിച്ച് നോക്കണം ഇത് വാസ്തവത്തി എങ്ങനെയാണോ പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെടുകയാണെന്ത് ഇത് വാസ്തവത്തി എങ്ങനെയല്ലെന്നറിഞ്ഞാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരും അനുഭവിച്ചാലും അനുഭവം കൊണ്ടുവന്ന് സത്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അനുഭവിക്കുന്നതുകൊണ്ട് സത്യം എന്ന് നമ്മൾ ഒന്നിനെ പറയുകയാണെങ്കിൽ മരുഭൂമിയിലെ ജനം കുടിച്ചും മരുമരുചെയ്യുന്ന ജനം കുടിച്ചും ഒരാളുടെ ദാഹം മാറേണ്ടതാണ് അത് രാജശ്മി മിശ്രം തന്റെ തന്റെ ഭാഷയിൽ മരുഷു മരീച്ചയം ഉച്ചാവചം ഉമാല വായിക്കുന്നത് ശ്രദ്ധിച്ചു വായിക്കുന്ന മുഴുവൻ അക്ഷരത്തെറ്റാണ് ഇതുവരെ ഒന്നും നേരെ വായിക്കാൻ അറിയത്തില്ല മൊത്തം അക്ഷരത്തെറ്റാ വായിക്കുന്നത് ഞാൻ ഈ പദം പിരിച്ചു വായിക്കുമ്പോൾ പിന്നെ അക്ഷരം നോക്കി വായിക്കുന്നത് ഇത്രയും പാടും ണം അവർണ മന്ദാഗ്നി അഭിസന്ധായ പ്രവൃത്ത തോയം ആപിയ പി ഉപശമയേ സംസ്കൃത ഭാഷയിലുള്ള സ്വാധീനം കൊണ്ടും നല്ല എന്താണ് ഭംഗിയായ ഭാഷ ഉപയോഗിച്ചിരിക്കുകയാണ് കാര്യമൊന്നും വലുതായിട്ടില്ല മരുഭൂമിയിലെ വള്ളം കുടിച്ച ഒരാൾക്ക് ദാഹം മാറ്റാൻ പറ്റുമോ ഇത്രയണി പറയുന്നത് പക്ഷെ അത് നല്ല ഭാഷയാണ് അ തെറ്റിച്ചു വായിച്ച് ആ ഭാഷ ഇല്ലാതായിട്ടില്ല അക്ഷരം നോക്കി വായിക്കണം ഉച്ചാവചം മരീച്ചി ചയം മരീചി എന്ന് വെച്ചു കഴിഞ്ഞാൽ സൂര്യകിരണങ്ങൾ അതിന്റെ ചയം എന്ന് വെച്ച സമൂഹം ഇപ്പൊ മരീചി ഉച്ചാവചം മരീചിചയം ഉച്ചാവചം നാനാ സൂര്യകിരണങ്ങൾ അതിന്റെ സമൂഹം ഇന്ന് ഉച്ചാവചം എന്ന് പറയുന്നത് വരുന്ന ഭാഗത്തോടെ യോജിപ്പിക്കും ഉച്ചല തുരംഗ ഭംഗം എന്ന് പറയുന്നത് ഭംഗ തിരയെ കുറിച്ച് പറയുന്നത് സമുദ്രത്തിലെ തിരയെ കുറിച്ച് ഇപ്പോ ഭംഗമാല എന്ന് വെച്ച തിരമാല എന്നർത്ഥം തിരമാലക്കാണ് ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചത് ഉച്ചാവിജം ഇതിനോട് ചേർത്ത് കഴിഞ്ഞാൽ നാനാതരത്തിലുള്ള തിരമാല എന്നും പറയാം എങ്ങനെയാണ് ഉച്ചലം ഇളകിമറിയുന്നു എന്താണ് ഇളകിമറയുന്നത് തിരമാല തു തരംഗ ഉയർന്ന തരംഗങ്ങളുടെ ഒടിവ് തിരമാല എങ്ങനെയാണല്ലോ തരംഗങ്ങൾ ഉയർന്നിട്ട് ഒടിയുന്നാണ് തിരമാല എന്ന് പറയുന്നത് അതാണ് ഉച്ചലതിളകിമറിയുന്ന തുങ്കം എന്ന് വെച്ചാൽ ഉയർന്ന തരംഗഭംഗം എന്ന് വെച്ചാൽ തരംഗങ്ങളുടെ ഒടിവ് അതിന്റെ മാല അതിനാണ് നമ്മൾ തിരമാല എന്ന് പറയുന്നത് ഈ തിരമാല എവിടെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാള് സൂര്യപ്രകാശം കൊണ്ട് തിരമാലകളെ കാണുന്ന ഒന്നാണ് നമ്മൾ റോഡ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡിൽ കാണുന്ന വെള്ളത്തിന്റെ ഇളക്കം കാണുന്ന പോലെ സമുദ്ര മരുഭൂമിയിലാകുമ്പോൾ അത് വളരെ വലുതായിട്ട് കാണും അവിടെ വെള്ളം തിരയിടിക്കുന്നതായിട്ട് തന്നെ കാണും കാരണം മരുഭൂമി വളരെ വിശാലമായ വിജനമായ അത്യധികം ചുട്ടു കഴിച്ച് സ്ഥലമാണ് അവിടെ എന്താണ് പല നേർ കള്ളി വായു ചൂടുപിടിച്ച് ഉയറിയുന്നുണ്ട് അവിടെ സൂര്യപ്രകാശം അതി തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു പിന്നെ ഉഷ്ണം പല തരത്തിലാണ് കാറ്റുണ്ട് അതുകൊണ്ടാണ് തിരമാലയുണ്ടാവും പിന്നെ ദൂരെയുള്ള മരങ്ങളുടെ പ്രതിബിംബങ്ങൾ അതിപ്പതിയും ദൂരെ പോകുന്ന വസ്തുക്കളുടെയൊക്കെ പ്രതിബിംബം പതിയും വളരെ ദൂരെയുള്ള കടലിൽ കിടക്കുന്ന വള്ളങ്ങൾ ആ കടലിൻ്റെ എതിർവശത്തുള്ള ഒരു മലയുടെ മേണിലുള്ള മേഘങ്ങൾ അതിന്റെ പ്രതിബിംബം പതിഞ്ഞിട്ട് കടലവിടെയാണോ എന്ന് എനിക്കൊരു സംഭ്രമുണ്ടായി ശരിക്കുള്ള കടലോ കടല് പടിഞ്ഞാറ് ഭാഗത്താണ് ആ കടലോ കടലിൻ്റെ വള്ളമോ സൂര്യനോ ഒന്നും കാണാൻ പോയ കടലൊന്നും കാണാത്ത ദൂരത്തിലാണ് പക്ഷെ നമ്മൾ നീക്കുന്നതിൻ്റെ കിഴക്ക് വശത്ത് മേഘങ്ങൾ പരന്നു കിടക്കുകയാണ് ആ പരന്ന മേഘങ്ങളിൽ വള്ളങ്ങൾ സഞ്ചരിക്കുന്നു ഒരു കൈ ഞാൻ നേരിട്ട് കൊണ്ടാണ് വളരെ അത്ഭുതപ്പെട്ടുപോയി എൻ്റെ പ്രതിബിംബമാണ് പക്ഷെ വള്ളങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നു പ്രതിബിംബങ്ങൾ അന്ന് ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ എടുത്തു വച്ചില്ല ഗന്ധർവ്വ നഗരം പോലെ ഒരു കാഴ്ച എന്നാണ് അപ്പോ അതുപോലെ തന്നെയാണ് ഇതൊക്കെ ഏകദേശം ഒരുപോലെയാ സംഭവിക്കുന്നത് ഇതിന് മെറാജ് എന്ന് പറയും മെറേജ് എന്ന് പറയും അല്ലെങ്കിൽ പറ്റ മൊർഗാനെന്ന് പറയും പല പേരുകളിൽ പറയും മനുഷ്യങ്ങൾ തിരമാളോട് കൂടിയതാണെന്ത് ഈ കാണുന്ന അഭ്യർണ്ണം അവതീർണ മന്ദാഗിനി അഭ്യർത്ഥനം എന്ന് വെച്ചാൽ സമീപം അവതീർണമായ പ്രകടമായ മന്ദാഗിനി ഗംഗ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാള് ഗംഗയെ കാണുകയാണ് മരുഭൂമിയിൽ ഗംഗയെന്ന് പറയാൻ ഒരു പ്രത്യേക കാരണം വടക്കേന്ത്യയിലുള്ളവരാണ് ഇതൊക്കെ എഴുതുന്നത് അവിടെ സമുദ്രം വളരെ ദൂരെയാണ് അതുകൊണ്ട് അവർ സമുദ്രം കാണാറില്ല അവർ കാണുന്നത് എപ്പോഴും ഗംഗയാണ് നദിയാണ് അതുകൊണ്ടാണ് ഗംഗ ഉദാഹരണം പറയുന്നത് ഇപ്പൊ ഗംഗയിലെ തരംഗങ്ങളൊക്കെയാണ് അവര് പറയുന്നത് ഇപ്പം മരുഭൂമി സഞ്ചരിച്ചപ്പോഴും ജലം കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് ഗംഗ തൊഴിൽ ഒഴുകയാണ് അഭ്യർണ്ണം അവതീർണ സമീപത്ത് അവതീർണമാകുക എന്ന് വെച്ചാൽ പ്രകടമായ മന്ദാകിനി ഗംഗയാണ് ഇതി എന്ന് അഭിസന്ധായ ചിന്തിച്ചിട്ട് ഗംഗയാണ് ചിന്തിച്ചിട്ട് പ്രവൃത്തഹ പ്രവർത്തിക്കുന്നവനെന്ന് വെച്ചാൽ അങ്ങോട്ട് ഓടിപ്പോകുന്നു ഗംഗ ഒഴുകുന്നു മരുഭൂമിയിൽ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു ദാവിച്ച് വരണ്ടു മരുഭൂമി സഞ്ചരിക്കുന്നവൻ പ്രവർത്തിക്കുക പറഞ്ഞാൽ അങ്ങോട്ട് ഓടിപ്പോകുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നവൻ തോയം ആപി ആപി ആ വെള്ളത്തെ കുടിച്ചിട്ടും ആ കുടിച്ചിട്ടും അല്ലെങ്കിൽ തോയമബി ആ വെള്ളത്തെയും കുടിച്ചിട്ടും എങ്ങനെയാണോ ഗംഗയിലെ വെള്ളം കുടിച്ചിട്ട് അവന്റെ ദാഹം മാറ്റുന്നത് അതുപോലെ മരുഭൂമിയിലെ ഗംഗാജലം കുടിച്ചിട്ട് പിപാസാം ഉപശമയേ പി ദാഹം ഉപശമയേ അത് ശമിപ്പിച്ചനെ എങ്ങനെയാണെങ്കിൽ തഥാസതി ഈ സത്യമായിരുന്നെങ്കിൽ സത്കാരികവാദി പറയുന്നതുപോലെ അനുഭവപ്പെടുന്നതൊക്കെ സത്യമായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നവൻ ഗംഗയിലെ മരുഭൂമിയിൽ ഒഴുകുന്ന ആ ഗംഗാജലത്തെ കുടിച്ചവന്റെ ദാഹത്തെ ശമിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നടക്കില്ല അതുകൊണ്ടെന്താണ് മരുഭൂമിയിൽ കാണുന്ന ആ ഗംഗാജലം വെള്ളമില്ലാത്തടത്ത് കാണുന്ന ഗംഗാജലം എന്താണ് സൂര്യപ്രകാശ കാണുന്ന ഒരു ഭ്രാന്തിയാണ് അവിടെ സൂര്യപ്രകാശവും ചൂടുകാറ്റും ചില പ്രതിബിംബങ്ങളും അല്ലാതെ ഒന്നുമില്ല അപ്പോ എന്താണ് അനുഭവപ്പെടുന്നു അതുകൊണ്ട് സത്യമാണെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല അത് വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളുടെ കാര്യത്തിലായാലും ശരി സാമൂഹിക ബോധമായാലും ശരി അതിനാണ് നേരെ ഞാൻ സൂര്യന്റെ ഉദാഹരണം പറഞ്ഞത് അതെല്ലാവരും അനുഭവിക്കുന്നതാണ് പക്ഷെ അതുകൊണ്ട് സത്യമാകുന്നില്ല അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ അനുഭവം ഉണ്ടായി എന്ന് ഞാൻ പറയുകയുള്ളൂ ഭൂതത്തെക്കൊണ്ടെന്നോ പ്രേതത്തെക്കൊണ്ടെന്നോ മാലാഖിയെ കണ്ടെന്നോ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തി എല്ലാവർക്കും ഉണ്ടാകുന്ന അപ്പം എന്റെ അനുഭവമായതുകൊണ്ട് അതൊക്കെ ഉള്ളതാണെന്ന് പറയാൻ പറ്റത്തില്ല അത് ഉള്ളതാണെങ്കിൽ അതിന് മറ്റു തെളിവുണ്ടല്ലോ അതുപോലെ തന്നെ സമാധിയുടെ കാര്യം സമാധി എന്ന് പറയുന്നത് എനിക്കുണ്ടായി എനിക്കുണ്ടായതാണ് സമാധി അത് സത്യമാണെന്ന് ഒരാൾക്ക് പറയാൻ പറ്റിയിട്ട് പിന്നെങ്ങനെയാ സമാധി സത്യം എന്ന് പറയുന്നത് ഒരാളെ അനുഭവിച്ചുകൊണ്ടല്ല അത് സത്യം എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അതിന് ശാസ്ത്രം പ്രമാണമായിട്ടുള്ളത് കൊണ്ട് അതിനീകരിക്കുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു സമാധി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകാം അല്ല ഏതെങ്കിലും ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് സമാധി ഉണ്ടാകുന്നു അത് ബ്രഹ്മമാകാം ശാസ്ത്രം പറയുന്നുണ്ട് അതിനെ പ്രമാണമായി സ്വീകരിക്കും തസ്മാനാഭി ആരോപിത പ്രകാശമാനസ്യാവിന വസ്തുതത്വം അഭ്യുപഗമനീയം അതുകൊണ്ട് പറയുന്നത് അകാമേനാവി ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഇഷ്ടപ്പെടാത്തവനാണ് ശരി എനിക്കിഷ്ടമില്ല എനിക്ക് അംഗീകരിക്കാൻ മനസ്സില്ല എന്താണ് അനുഭവപ്പെടുന്നതെല്ലാം സത്യമെന്നാണ് എന്റെ അഭിപ്രായം അനുഭവിക്കുന്ന ഒന്ന് മിഥ്യാണെന്ന് പറയാൻ എനിക്ക് മനസ്സില്ലാന്ന് പറഞ്ഞാലും അതാണ് അകാമേന ഇഷ്ടമില്ലാത്തവനാണെങ്കിലും ശരി ആരോപിതാ അനുഭവപ്പെടുന്നത് ആരോപിതമാണെങ്കിൽ ആരോപിതമായ വസ്തു അനുഭവപ്പെട്ടാലും ശരി സ്വ അനുഭവമായാലും ശരി എന്നാ വസ്തുതത്വം അഭ്യുപഗമനിക്കും അതിനെ സത്യമായി സ്വീകരിക്കാൻ കഴിയില്ല അപ്പൊ അതെന്റെ അനുഭവമാണ് ഞാൻ അനുഭവിക്കുന്ന ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങളെ അനുഭവിക്കുന്നത് ഭ്രാന്തി ആണെങ്കിൽ ആരോവിധം എന്ന് വെച്ചാൽ ഭ്രാന്തി ഭ്രാന്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അതിനെന്തായി തന്നെ സ്വീകരിക്കണം എന്തായി സ്വീകരിക്കണം ഭ്രാന്തിയായി തന്നെ സ്വീകരിക്കണം നിങ്ങൾക്ക് ഇഷ്ടമില്ല ഞാൻ അനുഭവിക്കുന്നു അതുകൊണ്ട് സത്യമാണ് എന്ന് പറയാൻ പറ്റില്ല അത് ആരോപിതമാണെങ്കിൽ ഭ്രാന്തിയാണെങ്കിൽ അതിനെ ഭ്രാന്തിയായി തന്നെ സ്വീകരിക്കും അതിന് ഉദാഹരണം അങ്ങോട്ട് മരുമര ചെയ്യേണ്ട ഇതാണ് അതുകൊണ്ട് സത്കാരിവാദി പറയുന്നു അനുഭവിച്ചോ സത്യമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല എന്നാണ് പറയുന്നത് ഇവിടുമ്പോലങ്ങോട്ട് ഇതിനെ സംബന്ധിച്ചുള്ള വാദങ്ങളാണ് ശ്രദ്ധിച്ച് മനസിലാക്കേണ്ട കാര്യമാണ് വീണ്ടും സത്കാരിവാദി അതിന് മറുപടി പറയുന്നു അനുഭവിക്കുന്നത് കൊണ്ട് ഒന്ന് അങ്ങനെ പറയാൻ പറ്റുന്നതാണ് സത്കാരിവാദി പറയുന്നു എന്തുകൊണ്ട് േഹേന്ദ്രിസ്തു അഗോചരവാപയെതിന്വയി പറയുന്നു ഇവിടെ എന്താ പറഞ്ഞത് മരീചി ചയം കിരണങ്ങളാണ് ജലമായി അനുഭവപ്പെടുന്നത് അവിടെ ജലത്തിന്റെ അനുഭവം ഉണ്ടല്ലോ അപ്പോ ആ ജലം മരീച രൂപത്തിൽ സത്യമല്ല നമ്മൾ കാണുന്ന എന്താണ് മരുമരീചിയിലുള്ള കാര്യം പറയുകയാണ് അവർ കാണുന്ന എന്താണ് അത് ജലമാണോ കണ്ടത് അത് മരീചിയാണോ അത് അവൻ കാണുന്നത് ഭ്രമിക്കുന്നവനെ സംബന്ധിച്ച് അവൻ കാണുന്നത് ജലമാണോ മരീചി വാസ്തവത്തെ മരീചിയാണ് പക്ഷെ അവൻ അനുഭവിക്കുന്നത് എന്താണ് അനുഭവിക്കുന്നത് എന്താണ് ജലമാണ് അപ്പൊ ആ ജലം എന്ന് പറയുന്നത് പ്രകാശരൂപത്തിൽ സത്യമല്ല എന്നാണ് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന മേശ സത്യമാണ് പുസ്തകവും സത്യമാണ് വ്യവഹാരിക സത്യമാണ് അപ്പൊ ഈ മേശ എന്ന് പറയുന്നത് പുസ്തക രൂപത്തിൽ സത്യമാണ് ആണോ പുസ്തകമെന്ന് പറയുന്നത് മേശയുടെ രൂപത്തിൽ സത്യമാണ് അല്ല അപ്പോ അവിടെ കാണുന്ന ആ ജലം മരീചി പ്രകാശ രൂപത്തിൽ സത്യമാണ് അല്ല അതാണ് അതേസമയം സ്വരൂപേണതു പരമാർത്ഥ സത്യവ അതേസമയം ഈ ജലം എന്ന് പറയുന്നത് അസത്തല്ല അത് സത്താണ് ജലം മരീചരൂപത്തിൽ അത് സത്തല്ല പക്ഷെ ജലസത്താണ് എങ്ങനെ ജലസത്താവും കുളത്തിൽ കിടക്കുന്ന ജലം കുളത്തിൽ കിടക്കുന്ന വെള്ളം സത്യമാണ് അപ്പൊ അത് പറയേണ്ടി സ്വകാര്യവാദി പറയാണ് വെള്ളം എന്ന് പറയുന്നത് സത്യം എന്ന് വെച്ചാൽ സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യവഹാരി സത്യം എന്ന് കഴുകണം വെള്ളം എന്ന് പറയുന്നത് എന്താണ് കൊളത്തി കിടക്കുന്നത് സത്യമാണ് ഇവിടെ മരീചിരൂപത്തിൽ ഇവിടെ മരുമരീചിയാണ് കാണുന്നത് ഇവിടെ പ്രകാശ രൂപത്തിൽ അത് സത്യമല്ല പക്ഷെ കിടക്കുന്ന വെള്ളം വെള്ളമെന്നുള്ള രൂപത്തിൽ എന്താണത് എന്താണ് സത്യമാണ് അതാണ് വെച്ചാ മരീജ രൂപേണ പ്രകാശരൂപത്തിൽ ജലം അവസ്ഥ അത് എന്താണ് സത്യമല്ല എന്നുവെച്ചാ അവസാനം ചേർത്താ മരീജരൂപേണ ശല്യം അവസ്തുസം പ്രകാശരൂപത്തിൽ വെള്ളം സത്യമല്ല സ്വരൂപേണ എന്നുവെച്ച എവിടെയാണോ കുളത്തിൽ വെള്ളം ഉണ്ടത് ആ വെള്ളം എന്നുള്ള രൂപത്തിൽ പരമാർത്ഥ സത്യവ അത് സത്യമാണ് വ്യവഹാരിക സത്യ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി വെള്ളം ഒരു സ്ഥലത്ത് സത്യമാണ് മരുഭൂമിയിൽ അത് പ്രകാശരൂപത്തിൽ സത്യമാണ് പക്ഷെ വേറെടുത്തത് സത്യമാണ് ഇനി ദേഹേന്ദ്രിയു സ്വരൂപേണാപ്യസന്ത പക്ഷെ നിങ്ങൾ ദേഹേന്ദ്രിയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് എന്താണ് അത് മിഥ്യെന്നാണ് സ്വരൂപേണ മിഥ്യെന്നാണ് എന്നുവെച്ചാൽ അത് വേറെ സ്ഥലത്ത് സത്യം ഇവിടെ മിഥ്യ എന്നല്ല ദേഹാന്തിരാദികളെല്ലാം എന്താണ് സത്യമാണോ മിഥ്യയാണോ അത് ഇത് പറയുന്നത് മിഥ്യ എന്നാണോ ഈ മരു മരുവേചിക എന്ന് പറയുന്നത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണവും ദേഹേന്ദ്രിയാദികളും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ദഹേന്ദ്രിയാദികൾ അസത്യമാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ചൂണ്ടിക്കാണിക്കുന്നത് ദൃഷ്ടാന്തം പറയുന്നത് എന്തിനാണ് എന്താ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ എന്ത് പറയുന്നു നിങ്ങൾ എന്ത് കേൾക്കുന്നു എവിടെയാണ് ഞാൻ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നു ിയാദികൾ അസത്യമാണ് എന്നുള്ളതിലൂടെ എന്താ ഉദാഹരണം പറയുന്നത് കേട്ടു മരുമരീചികയുടെ ജലം മരുമരീചികയുടെ അസത്താണ് മിഥ്യയാണ് അതുപോലെ ഈ ശരീരവും മറ്റും മിഥ്യെന്നോ പറയുന്നു അല്ലെങ്കിൽ രജിസർപ്പം അതുപോലെ മിഥ്യന്നെ സത്കാരിവാദി പറയണം നിങ്ങളീ പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് മരുഭൂമിയിലെ ജലം മിഥ്യ എന്ന് പറയുന്നത് അംഗീകരിക്കണം പക്ഷെ ജലം മിഥ്യയല്ലോ കുളത്തിൽ ജലമുണ്ടല്ലോ അമിത്യണം വേറെടുത്തുണ്ട് നിങ്ങൾ പറയുന്നത് എന്താണ് ദേഹം ഇന്ത്യ എല്ലാം മിഥ്യണം അത് വേറെ എവിടെ ഇന്ന് സത്യം ഉണ്ടോ അപ്പിന്നെ മരുമരീചിങ്ങനെ ഉദാഹരണമായിട്ട് പറയാം പറയാൻ പറ്റുമോ പറയുന്നത് മരീചരൂപേണ സലിലം അവസരൂപേണോ സ്വരൂപേണന്ന് പറഞ്ഞ സ്വരൂപീണന്നു പറഞ്ഞാ എന്താണ് പ്രകാശ ജലം കുളത്തിലെ ജലം പരമാർത്ഥ സത്യോ അത് സത്യമാണ് പരമാർത്ഥം എന്ന് വെച്ചാ ബ്രഹ്മൊന്നും എടുക്കരുത് അത് സത്യമാണ് ദേഹേന്ദ്രിയോ ദേവേന്ദ്രിയാദികൾ എന്താണ് സ്വരൂപേണ അസന്ത ഈ ദേവേന്ദ്രിയാദികളുടെ രൂപത്തിൽ തന്നെ അത് അസത്താണ് എന്നാണ് നിങ്ങൾ പറയുന്നത് വേറെടുത്തവന് സത്യമായി കാണിക്കാൻ പറ്റില്ല ജലത്തെപ്പോലെ ഇതി അനുഭവ അഗോചരത്വ അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയേണ്ടി വരും ദേവേന്ദ്രിയദികൾ അസത്താണ് അപ്പൊ അസത്തെന്ന് പറഞ്ഞാൽ ഭൂർവക്ഷി എന്താ പറയുന്നത് അസത്തെന്ന് വെച്ചാൽ അന്ധ്യാപത്ര പോരാണ് പന്ധ്യാപത്ര പോരാണെങ്കിൽ അത് അനുഭവത്തിന് വിഷയമാകത്തില്ല ദേവേന്ദ്രിയാദികളും നിങ്ങൾ അസത്വെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതുപോലെയാവും പന്യാപത്ര പോരായ എന്ത് സംഭവിക്കും അത് അനുഭവത്തിന് വിഷയമാകത്തില്ല നേഹേന്ദ്രിയാഥികളുടെ അനുഭവത്തിന് വിഷയമാണോ അതാണ് കുഴപ്പം അപ്പോ മരുമരീചികൾ ഉദാഹരണമായിട്ടെടുക്കാൻ പറ്റില്ല അത് പ്രകാശരൂപത്തിൽ സത്യമല്ലെന്നേ ഉള്ളൂ ജലം ജലരൂപത്തിൽ സത്യമാണ് അതുപോലെ ശരീരം മിഥ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജലത്തിന് വേറെ സ്ഥലത്ത് സത്യമായി കാണിക്കാൻ പറ്റിയതുപോലെ ശരീരത്തിന് വേറെ സ്വന്തം സത്യമായി കാണിക്കണം അത് അദ്വൈതി അംഗീകരിക്കില്ല അദ്വൈതി പറയുന്നത് എന്താണ് എല്ലാ ശരീരവും വിധിയാണ് അപ്പോ ശരീരത്തെ അസത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാ ഇത് വന്ധ്യാപുത്രനെ പോലെ അനുഭവ വിഷയമല്ലാതായി വന്ധ്യാപുത്രെ എവിടെയെങ്കിലും സത്യമായി കാണിക്കാൻ പറ്റുമോ അതാണ് സ്വരൂപേണാപ്യ അസന്ത അനുഭവ അഗോചരത്വ അനുഭവത്തിന് വിഷയമല്ലാതാവും ഏത് ദേഹേന്ദ്രവാദികൾ കഥം ആരോപ്യത പിന്നെങ്ങനെയാണ് ഇതിനെ ആരോപിക്കുന്നതെന്ന് പറയും ആരോപിക്കണമെങ്കിൽ എന്തുവേണം മരുഭൂമിയിലെ പ്രകാശത്തിൽ ജലത്തെ ആരോപിക്കുന്ന എന്തുകൊണ്ട് വേറെടുത്തത് കുളത്തിൽ വെള്ളം അതാണ് സ്മൃതിരൂപ എന്ന് പറഞ്ഞു പൂർവ്വദുഷ്ട സ്മൃതിരൂപ പൂർവ്വദിഷ്ട സ്മൃതിരൂപ പൂർവദിഷ്ട പരത്രോപാസം എന്ന് പറയുമ്പോ അത് വേറെടുത്ത് ഉണ്ടായിരിക്കില്ല അപ്പൊ ദേഹേന്ദ്രിയാദികളെല്ലാം അസത്തെന്ന് പറഞ്ഞു അസത്താണെങ്കിൽ അത് ഒരിക്കലും ആരെയും അനുഭവത്തിന് വരത്തില്ല ഏതുപോലെ ആയിപ്പോവും പിന്നെ എങ്ങനെ അതിനെ ആരോപിക്കാൻ പറ്റും ആരോപിച്ചാലേ ദേവേന്ദ്രിയാദികളുടെ അനുഭവം ഉണ്ടാവത്ത അനുഭവ അഗോചരത്വ ദേഹേന്ദ്രിയവാദികളുടെ അനുഭവത്തിന് വിഷയമാകാത്തത് കൊണ്ട് കഥം ആരോപിച്ചത് എങ്ങനെ ആരോപിക്കാൻ പറ്റും ഈ അനുഭവം എങ്ങനെ ഉണ്ടാവും ശരീരം ബോധം എങ്ങനെ ഉണ്ടാവും ഇതിൽ സാമ്പർദം എന്ന് സഖ്യാധിവാദി പറയുന്നത് അതായത് ദേഹേന്ദ്രിയാദികളെ ആരോപിക്കാൻ കഴിയത്തില്ല അത് അസത്താണെന്ന് പറയുന്നത് നജ സാമ്പ്രദം എന്ന് വെച്ചാൽ യുക്തമല്ല നജ പൂർവത്തോട് അനുഭവിക്കുന്നു നജ സാമ്പ്രദം കൂടെ പുറോക്ഷി പറയുന്ന വാദത്തിന്റെ പ്രധാനമായ കാരണം എന്താണ് പൂറോക്ഷി പറയുന്നത് അസത്ത് എന്ന് പറഞ്ഞാൽ അനുഭവ വിഷയമാകാൻ പാടില്ല അദ്വൈതം പറയുന്നത് എന്താണ് അസത്തെന്ന് പറഞ്ഞാലും അനുഭവ വിഷയമാകാം ശരീര അസത്താണ് പക്ഷെ അത് അനുഭവത്തിന് വിഷയം ആണ് പക്ഷെ ഇവിടുത്തെ പൂർവക്ഷി എന്ന് പറയുന്നത് ആരാണ് സത്കാരിവാദികൾ അവരെന്താ പറയുന്നത് അസത്താണെങ്കിൽ അനുഭവ വിഷയമാകാൻ പാടില്ല അനുഭവത്തിന് വിഷയമാകുന്നുണ്ടെങ്കിൽ സത്താണ് സത്യാധിവാദികളാണ് അപ്പൊ അസത്താണെങ്കിൽ അനുഭവത്തിന് വിഷയമാകില്ല എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല അത് സിദ്ധാന്തം എടുത്ത് പറയുന്നു നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്തുകൊണ്ടെന്നാൽ അസന്തോന അനുഭവഗോചരാഹ കഥം തറി മരിച്ചാദീന അസദതയാ അനുഭവഗോചരത്വം അസത്ത് അനുഭവത്തിനു വിഷയമാകില്ല എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ അതുവരി സത്കാരിവാദികൾ ചോദിക്കുകയാണ് മരുമരീചിക അത് സത്താണോ അസത്താണോ അസത്താണോ അത് അനുഭവത്തിന് വിഷയമാകുന്നുണ്ടോ ആ അപ്പൊ പിന്നെ അസത്ത് അനുഭവ വിഷയമാകില്ല എന്ന് പറയുന്നത് ശരിയല്ല മരുമരീചിക അസത്താണ് അനുഭവത്തിന് വിഷയമാകുന്നുണ്ട് അപ്പൊ ദേഹേന്ദ്രിയവാദികളും എന്താണ് അസത്താണെങ്കിലും അനുഭവത്തിന് വിഷയം ആകും ഇതാണ് സിദ്ധാന്തങ്ങൾ അപ്പൊ അസത് എന്താണെന്നുള്ള വ്യക്തമാക്കുന്നത് അസത്തെന്ന് വെച്ചാൽ അനുഭവ വിഷയം ആകാത്തത് നല്ല അർത്ഥം അസത്വം എന്ന് പറഞ്ഞി പറയും അത് അനുവചനീയമാണ് അസന്തോ അസത്തായ വസ്തുക്കള അനുഭവത്തിന് വിഷയമാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥം തെറിയി എങ്ങനെയാണ് പിന്നെങ്ങനെയാണ് കഥം പിന്നെങ്ങനെയാണ് മരിച്ചാദീനാം അസദാം മരുമരീചി തുടങ്ങിയ അസത്തുക്കൾ തോയതയാനുഭവഗോചലെത്തും അത് ജലരൂപത്തിൽ എങ്ങനെ അനുഭവപ്പെടുന്നു അപ്പോ മരീച്ചാദീനാം അസതാം മരീച്ചാദി അസത്തുക്കൾ ജലരൂപത്തിലെങ്ങനെ മരീച്ചെന്ന് പറയുന്നത് മരുമരീച്ചി അതെങ്ങനെ ജലരൂപത്തിൽ അനുഭവപ്പെടുന്നു തോയത അനുഭവപ്പെടുന്നു തോയതെ അനുഭവം ഇരുന്ന് അവിടെ ജലം കാരണം അസത്ത് അനുഭവപ്പെടുകയല്ല എന്ന് വന്നു മരുഭൂമിയിൽ അങ്ങനെയാണ് ജലം അനുഭവപ്പെടുന്നത് മരുഭൂമിയിൽ ജലഭ്രാന്തി ഉണ്ടാകാറുണ്ടോ അപ്പൊ പിന്നെ മരുഭൂമിയിൽ ജലഭ്രാന്തി ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അസത്തിന്റെ അനുഭവം ഉണ്ടാകും അപ്പൊ അത് ഈ അസത്തിന്റെ അനുഭവം ഉണ്ടാകില്ല എന്ന് പറയുന്നത് ശരിയല്ല അസത്തിന്റെ അനുഭവം ഉണ്ടാകാം And the winner of the